അധ അതോ ബ്രഹ്മജിജ്ഞാസ ആദ്യത്തെ പദം അധ അതിനെ വ്യാഖ്യാനിക്കുന്നു സൂത്രത്തില് ഭാഷം ആനന്തര്യർത്ഥത്തെ പരിഗ്രഹിക്കുന്നു പറഞ്ഞാൽ അധശബ്ദത്തിന്റെ അർത്ഥം അനന്തരമെന്നാണ് ആനന്ദര്യം അനന്തരം എന്നർത്ഥം അധ എന്നുവെച്ചാൽ അനന്തരം അനന്തരം എന്തിനു ശേഷം അനന്തരം ശേഷം എന്തിനു ശേഷം സാധനചതുഷ്ടയെ സംബന്ധിക്ക് ശേഷം അപ്പോ ഇത്രയുള്ള സാധനചയെ സംബന്ധിച്ച് ശേഷം പക്ഷെ ഇവിടെ ഭാമതീകാരൻ ഇതിനൊരു വളരെ നീണ്ട വ്യാഖ്യാനമാണ് ഒരു ശബ്ദത്തിന് അധാന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് വേറെ വ്യാഖ്യാനം എഴുതിയിരിക്കില്ല ഇത്രയും ഇന്നുകൊണ്ട് വ്യാഖ്യാനമാണ് പാമതികാരം ചെയ്യുന്നത് അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡിത്യത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷകാരൻ പറഞ്ഞു അത്ര അധശബ്ദ ആനന്തരിയാർത്ഥൃത അധികാരാർത്ഥ തുടങ്ങുക എന്നുള്ള അർത്ഥമല്ല ബ്രഹ്മജിജ്ഞാസായ മംഗളസ് സമന്വയാ ഭാവ എന്നിങ്ങനെ പറഞ്ഞു ഒരു ചെറിയ അധശബ്ദത്തിന്റെ അർത്ഥം പറഞ്ഞു എന്താണെന്ന് അറിയണല്ലോ ആദ്യത്തെ വാക്കിന്റെ അർത്ഥം പക്ഷെ ഭാഗതികാലതിനെ കുറിച്ച് വളരെ വിപുലമായി തന്റെ പാണ്ഡിത്യത്തെ പ്രകടമാക്കിക്കൊണ്ട് ഒരു അർത്ഥം പഴയ അങ്ങനെയാണ് ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം എഴുതുമ്പോ എഴുതുന്ന ആളിന്റെ വ്യാഖ്യാനം മറ്റുള്ള പണ്ഡിതന്മാരെ ശ്രദ്ധിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പാണ്ഡിത്യവിടെ പ്രകടമായിരിക്കണം യും പ്രബലമായാലും മറ്റുള്ളവരത് ശ്രദ്ധിക്കത്തും അതുകൊണ്ടാണ് വ്യാഖ്യാനിക്കാൻ ആണെങ്കിൽ ഈ നാല് അധ്യായങ്ങളിലായിട്ട് വ്യാഖ്യാനിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് സൂത്രങ്ങളും പല പല വിഷയങ്ങളും ഒന്നാമത്തെ അധ്യായം സമന്വയാധ്യായമാണ് സമന്വയിപ്പിക്കുകയാണെന്ന് പറഞ്ഞ എല്ലാ ഉപനിഷത്ത് വാക്യങ്ങളും അദ്വീയമായാണ് പ്രതിപാദിക്കുന്നത് എന്നിങ്ങനെ അദ്വീതത്തിലേക്ക് എല്ലാ ഉപനിഷത്തുകളെയും സമന്വയിപ്പിക്കുന്നു അധ്യായത്തിൽ ചെയ്യുന്നു അതെന്താണ് ആദ്യത്തെ സൂത്രം രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്ന അവരോധ അധ്യായമാണ് മായ ബ്രഹ്മത്തിൽ സമന്വയിപ്പി സമന്വയിക്കുമ്പോൾ അതിൻ്റെയൊക്കെ താല്പര്യം ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളെ പരിഹരിക്കാതാണ് അവരോധാധ്യായം വിരോധങ്ങളെ പരിഹരിക്കുന്ന അധ്യായം താർക്കികന്മാരെ സമ്മതിക്കില്ല സംഖ്യന്മാരെ സമ്മതിക്കില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് പിന്നെ ജീവാത്മാവ് വേറെ പരമാത്മാവ് വേറെ ഇങ്ങനെ പറയുന്നവരുണ്ട് സംഖ്യന്മാരുണ്ട് ഇപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ എന്ത് ചെയ്യുന്നു വിരോധങ്ങളെല്ലാം നീ പരി വിരോധ പരിഹാരം മൂന്നാമത്തെ അധ്യായത്തില് സാധനങ്ങളെ കുറിച്ച് ചർച്ച ശ്രവണം മനനം നീന്തി അന്തരംഗ സാധനങ്ങൾ ബഹിരംഗ സാധനങ്ങൾ തത്വജ്ഞാനത്തിന് അന്തരംഗസാധന എന്ന് പറയുന്ന ശ്രവണം മനനം നിത്യാസം ഇതാണ് അന്തരംഗ സാധനം ബഹിരംഗ സാധനം പറയുന്നത് എന്താണ് കർമ്മം കർമ്മമാണ് ബഹിരംഗ സാധനം അതിനാണ് കർമ്മം ബഹിരംഗ സാധനാവുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിട്ട് കർമ്മകാണ്ഡത്തോടെ തുടക്കത്തിലേക്ക് നിഷേധിക്കും നിഷേധിച്ചാലും തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് ബഹിരംഗ സാധനം ആ കർമ്മത്തിലൂടെയാണ് ചിത്രശുദ്ധി ഉണ്ടാവുന്നത് പിന്നെ ഉപാസന അതുപോലെ ഇതെല്ലാം മൂന്നാമത്തെ അദ്ധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് നാലാമത്തെ അധ്യായം എന്താണ് ഫലാധ്യായം ഫലമെന്ന് പറയുമ്പോ അവിടെ തത്വജ്ഞാനത്തിന്റെ ഫലം എന്താണ് തസ്യതാവദേവച്ഛനും എന്നെല്ലാം പറയുന്ന ശ്രുതിയുടെ അർത്ഥത്തെ വിചാരം ചെയ്തിട്ട് തത്വജ്ഞാനത്തിന്റെ ഫലം സദ്യോമുക്തിയാണ് എന്നുവെച്ചാൽ മോക്ഷപ്പെടുത്തൽ പിന്നെ ജീവൻ സഞ്ചരിക്കുന്നില്ല എന്നുള്ള കാര്യം പറയും ഫലം അതേസമയം ദക്ഷിണായന മാർഗം ഉത്തരായണ മാർഗം അതുവഴിയുള്ള യാത്ര പിന്നെ ഹിരണ്ഗർഭ ഉപാസകൻ ഹിരണ്ഗർഭലോകത്തിനെത്തിച്ചേർന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള നാനാവശ്യങ്ങൾ ഫലത്തെ സംബന്ധിച്ച് കേവലം ബ്രഹ്മജ്ഞാനവും മോക്ഷവും ഉണ്ട് ബ്രഹ്മലോകം വരെയുള്ള ഫലങ്ങളെക്കുറിച്ച് കൂടുതലും അവിടെ ചർച്ച ചെയ്യുന്ന ഈ ബ്രഹ്മലോകത്തിൽ പോകുന്നതിനെ കുറിച്ചുമാണ് ഉത്തരായണ ദക്ഷിണായണ മാർഗങ്ങളെ പിന്നെ അദ്വൈതമനുസരിച്ച് അതൊന്നുമല്ല മുഖ്യപ്രദം മോക്ഷമാണ് പക്ഷെ സൂത്രങ്ങളിൽ ഫല അദ്ധ്യായത്തിൽ കൂടുതലും ചർച്ച ചെയ്യുന്നത് ദക്ഷിണായന ഉത്തരായണ മാർഗങ്ങളെക്കുറിച്ചാണ് പക്ഷെ അതും ഇവിടെ എടുക്കുന്നു കാരണം ഉപാസകന്മാർക്കും ഫലം വേണമല്ല ഉപാഷക ഒരു ഫലം ആവശ്യമാണെന്നുണ്ട് അതും ചർച്ച ചെയ്യുന്നു എന്നാൽ ഇതും പറയുന്നുണ്ട് ആവർത്തി രസ ക്രിസിയുടെ ആവർത്തി അതിന്റെ ആവർത്തിക്കുന്നോ വേണ്ടയോ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഫലാധ്യായം അപ്പൊ മൊത്തം നാല് അധ്യായം ഏതൊക്കെയാണ് അത് തുടങ്ങുന്നതാണ് അഥ പണശ്ദത്തിൽ പ്രാധാന്യം അനന്തരം അപ്പൊ ഇത്രയും കാര്യങ്ങൾ തുടങ്ങുന്നത് അഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനന്തരം അവിടെ സംസാരിക്കുന്നേ നമുക്ക് സംസാരിക്കാം അധ ശബ്ദ സനന്ത യോജനൂത്രേ സൂത്രങ്ങളിൽ എത്ര പദമുണ്ട് നാല് പദമുണ്ട് ചണ്ട മൂന്ന് പദങ്ങൾ മൂന്ന് പദമാണ് സൂത്രമതി യോയം അധശബ്ദാദ്യമായി വരുന്ന അധശബ്ദ സ സൂത്രപദേശ മധ്യസ്ഥ നിർദ്ധാരണം നിർദ്ധാരണത്തിൽ ഷഷ്ടിയാണ് സപ്തമിയാണ് അതാണ് മധ്യത് ഈ മൂന്ന് പദങ്ങളിൽ ആദ്യത്തെ ശബ്ദാദശബ്ദം അത് ആനന്ദര്യ അർത്ഥമാണ് അതാന്ന് വെച്ച ആരംഭിക്കുന്നു എന്നുണ്ട് ഇപ്പൊ ആരംഭാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ബ്രഹ്മം പിന്നെ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നടുത്ത് ഇച്ഛയും ബ്രഹ്മജ്ഞാനം ജിജ്ഞാസന്ന് പറയുമ്പോൾ അറിയുന്ന ഇച്ഛ എന്തിനാ അറിയുന്നതിനുള്ള ഇച്ഛ ്രഹ്മത്തെ അപ്പോ ആരംഭിക്കുന്നു എന്താ രംഭിക്കുന്നു ബ്രഹ്മത്തെ ആരംഭിക്കണം ബ്രഹ്മത്തെ ആരംഭിക്കാൻ പറ്റൂ സ്വരൂപേണ ബ്രഹ്മത്തെ ആരംഭിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നിത്യമാണ് പിന്നെ ജ്ഞാനം അവിടെ ജ്ഞാനത്തെ ആരംഭിക്കാൻ പറ്റൂ എന്തുകൊണ്ട് പറ്റില്ല ബ്രഹ്മനിത്യമാണ് ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനം ആരംഭിക്കാൻ പറ്റൂ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം പ്രമാണജന്യമാണ് അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ആരംഭിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ പുസ്തകത്തിൽ ായിട്ട് ചക്ഷീന്ദ്രിയ സമീപം ഉണ്ടാകുമ്പോഴ പുസ്തകം ഞാനും ഉണ്ടാകും അതാണ് ഞാനത്തെ പ്രത്യേകത അപ്പൊ അതിനെ തുടങ്ങാൻ പറ്റില്ല എപ്പോഴാണോ പ്രമാണം പ്രവർത്തിക്കുന്ന അപ്പൊ ഞാനും ഉണ്ടാവും പിന്നെ ഇച്ച ആരംഭിക്കാൻ പറ്റും ഇച്ച എന്ന് പറയുന്ന ഇഷ്ടസാധനത ജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ് ഇച്ച അതും ആരംഭിക്കാൻ പറ്റില്ല ഇവിടെ ഇഷ്ടസാധനത ഞാനുണ്ടാകുന്നു അവിടെ ഇച്ഛേ ഉള്ളു ഇഷ്ടസാധനതെന്ന് പറയുന്നത് എന്താണ് മതിഷ്ടം യാഗ മതിഷ്ടം സ്വർഗല്ലാഗം യാഗം എന്ന് പറയുന്നത് എനിക്കിഷ്ടമായ ഒന്നിന്റെ സാധനമാണ് എന്നൊരാൾക്ക് അറിവുണ്ടാകുന്ന ഇഷ്ട സാധനതാജ്ഞ യാഗം മതിഷ്ടം യാഗം മതിഷ്ടസ്യ സാധനം എന്നൊരു അറിവുണ്ടാകുന്നു അപ്പൊ അവിടെ നോക്കുക യാഗം അത് എനിക്കിഷ്ടമായ ഒന്നിന്റെ സാധനമാണ് എന്താണ് ഇഷ്ടമായിരിക്കുന്നത് സ്വർഗം അതുപോലെ യാഗം മതിഷ്ടസ്യ സാധനം എനിക്കിഷ്ടമായിരിക്കുന്നതാണ് പുത്രൻ യാഗം മതിഷ്ടസ്യ എനിക്കിഷ്ടമായിരിക്കുന്നതാണ് പശു പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗം അപ്പോ ഇഷ്ടസ്യ സാധനം എന്ന് ഏതൊന്നിനാണോ അറിവുണ്ടാകുന്നത് ജ്ഞാനം അത് പിന്നെ കൂടുതൽ വിശദീകരിക്കും നോക്കണം ചുരുങ്ങി പറഞ്ഞ സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടസാധനതാജ്ഞാനം ഏതൊന്നിനാണോ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടത്തിന്റെ സാധനമാണെന്നുള്ള ഒന്നിനെ കുറിച്ച് ഞാനുണ്ടാകുന്നത് അവിടെ എന്തുവരുന്നു ഇച്ഛ ഉണ്ടാവുന്നു അപ്പൊ യാഗത്തിന് ഇച്ഛ യാഗത്തിനോട് ഇച്ഛണ്ടോ യാഗം ചെയ്യാൻ യാഗത്തിന് ഇച്ഛയുണ്ടാവും അത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്തുകൊണ്ടോ അത് ഇഷ്ടത്തിന്റെ സാധനമാണ് പുത്രകാമേഷ്ഠി പുത്രനാണ് എനിക്കിഷ്ടം അതിൻ്റെ സാധനമാണെന്ത് യാഗം ഇപ്പം യാഗത്തിന് താല്പര്യം ഉണ്ടാകും അപ്പം ഇഷ്ടത്തിൻ്റെ സാധനത ജ്ഞാനം ഉള്ളിടത്താണ് ഇച്ഛ ഉണ്ടാകുന്നത് അവിടെയും ഇച്ഛ ആരംഭിക്കാൻ പറ്റില്ല ഇഷ്ട സാധനം ഞാൻ അല്ലെങ്കിൽ സൗന്ദര്യ ജ്ഞാനം ഉണ്ടാകുന്നു സൗന്ദര്യ ജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്തായിരുന്നു സൗന്ദര്യമുള്ള വസ്തുവിൽ ഇഷ്ടമുണ്ടാകുന്നു അപ്പം അവിടെയൊക്കെ ഒരു ജ്ഞാനം കൊണ്ട് ജന്യമാകുന്നതാണെന്ത് ഇച്ഛ ഇച്ഛന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റത്തില്ല ആരംഭിക്കാൻ പറ്റത്തില്ല അധശബ്ദത്തിന്റെ അർത്ഥം എന്താണ് അനന്തരം എന്നാണ് അതാണ് തേശു സൂത്ര പതേഷു മധ്യേ ഈ പദങ്ങളിൽ യോയം അധശബ്ദം ഇവിടെ വന്നിരിക്കുന്ന ഈ അധശബ്ദം ആനന്തര്യാർത്ഥം ഇനി അനന്തരർത്ഥത്തിലാണ് ു അധികാരാർത്ഥോ പി അതശബ്ദം ആരംഭാർത്ഥത്തിനും ഉണ്ടല്ലോ അതശബ്ദം മംഗള അനന്തര മംഗളം അനന്തരം ആരംഭം പ്രശ്നം കാർഷീം തുടങ്ങിയ അർത്ഥങ്ങളിൽ അധോ എന്ന് പറയുന്ന നിശബ്ദവും അധ എന്ന് പറയുന്ന നിശ്ശബ്ദം രണ്ട് ശബ്ദങ്ങളുണ്ട് അധോന്ന് പറഞ്ഞു അധികാരാർത്ഥോ അധശബ്ദോ ദർശലി അത് ശബ്ദം അധികാരാർത്ഥത്തിലുണ്ടല്ലോ എന്നാണെങ്കിലോ യഥ പറയുന്നു കാണുന്നു അധ ഏഷ ജ്യോതിഹി അധ വിശ്വജ്യോതിഹി അധ ർവ്യോതിഹി ഇങ്ങനെ വേദമന്ത്രമുണ്ടോ അവിടെ അതിശബ്ദം എന്ന് വെച്ചാൽ ുന്നു എന്നാണ് വിശ്വ അഥ ോതി ഈ കർമ്മം ആരംഭിക്കുന്നു എന്നാണ് ഇത് അത് പിന്നെ കോശത്തിനും ആരംഭാർത്ഥമുണ്ട് എന്നുള്ളതായി കൂട യഥാവോകെ അധ ശബ്ദാനുശാസന വേദം പോട്ടെ ലോകത്തിൽ പാണിഞ്ഞ് തുടങ്ങിയിരിക്കുന്നെങ്ങനെയാണ് യഥാവാ ലോകെ അധ ശബ്ദാനുശാസനം അധ യോഗുശാസനം ലോകത്തിലെന്ന് വെച്ചാൽ ലൗകികശാസ്ത്രം പണിനിയാണ് അങ്ങനെ തുടങ്ങിയിരിക്കുന്നത് അധ ശബ്ദാനുശാസനം ശബ്ദാനുശാസനം ആരംഭിക്കുന്നു എന്നാണ് അതാന്ന് വെച്ചാൽ ആരംഭിക്കുന്നു അതുപോലെ പതഞ്ജലി പറഞ്ഞിരിക്കുന്ന അധ യോഗം യോഗാനുശാസനം ആരംഭിക്കുന്നു എന്നാണ് അനുശാസനം എന്ന് പറഞ്ഞാൽ അനുശിഷ്യത അനുശാസനം ശാസ്ത്രം ഗൃഹ്യതേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത്ര ഇവിടെ അധികാരാർത്ഥോ ന ഗൃഹ്യത ഇവിടെ എന്തു കൊണ്ട് അധികാരാർത്ഥത്തെ എടുത്തുണ്ട് വേദത്തിൽ ഉപയോഗിക്കുന്നു ലോകത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എന്തുകൊണ്ട് എടുത്തുകൂടാ പറയുന്നു ബ്രഹ്മജിജ്ഞാസായ അനധികാരി പറയുന്നു എന്താണ് ബ്രഹ്മജിജ്ഞാസ എന്താണ് ഉറങ്ങുന്നത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ് അത് ആരംഭിക്കാൻ കഴിയത്തില്ല അത് നേരത്തെ പറഞ്ഞു പല കാരണങ്ങളുണ്ടൊന്നും ഇച്ഛയാണ് ആരംഭിക്കുകയാണെങ്കിൽ ഇനി വരുന്ന സൂത്രങ്ങളിലൊക്കെ എന്തായിരിക്കും ഇച്ഛ ആയിരിക്കും പറയണ്ട പക്ഷെ അവിടെയൊക്കെ എന്താണ് വിചാരമാണ് ചെയ്യുന്നത് ഇച്ഛയല്ല മനസിലാക്ക ജന്മാദ്യേതാണ് എന്ത് രണ്ടാമത്തെ സൂത്രം അവിടെ എന്താ ചെയ്യുന്നത് വിചാരം ചെയ്യണം ഈ ഒന്നാമത്തെ സൂത്രത്തിൽ ഇച്ഛയാണ് ആരംഭിക്കുന്നതെങ്കിൽ പിന്നെ തുടർന്നു എന്തായിരിക്കണം ഇച്ഛയായിരിക്കണം എല്ലായിടത്തും വിഷയമായി വരേണ്ടത് ഇച്ഛ അല്ല വിഷയം അവിടേക്ക് എന്താണ് ചെയ്യുന്നത് ഇച്ഛ ആരംഭിച്ച ഇച്ഛ തുടരണം അവിടെ അതല്ല പിന്നെന്താ ചെയ്യുന്നത് വിചാരമാണ് അന്ന് ബ്രഹ്മ ജിജ്ഞാസ ജിജ്ഞാസ എന്ന് ഇച്ഛ അപ്പൊ ജിജ്ഞാസ പറഞ്ഞാൽ ഇച്ഛ എന്ന് ആരംഭിക്കാൻ കഴിയത്തില്ല അത് ഒന്ന് ഇച്ഛ ആരംഭിക്കുകയാണെങ്കിൽ തുറന്ന സൂത്രങ്ങൾ ഇച്ഛയായിരിക്കണം വരേണ്ട പക്ഷെ അവിടെ വിചാരം ചെയ്യണം എന്നാണ് അപ്പൊ ഇച്ഛെന്ന് പറയുന്ന കൂടെ അധയുമായിട്ട് അന്വയിക്കത്തില്ല അതാണ് പ്രശ്നം ഈ ബ്രഹ്മ ജിജ്ഞാസായ അനധികാരികത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ജിജ്ഞാസ എന്ന് വെച്ചാൽ ഇച്ഛയാണ് അർത്ഥം ആരംഭമാണെങ്കിൽ ഇച്ഛ ആരംഭിക്കുന്നു ഇച്ഛ ആരംഭിക്കാൻ കഴിയത്തില്ല പിന്നെ വിചാരാരംഭിക്കുന്നു എന്നും പറയാൻ പറ്റില്ല കാരണം വിചാരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് സൂചിതമാണ് ജിജ്ഞാസാ ശബ്ദം കൊണ്ട് സൂചിതമാണ് എന്ത് വിചാരം എന്ന് പറയുന്നത് അപ്പൊ അത് ഈ സൂത്രത്തിന്റെ അവയവാർത്ഥമല്ല സൂത്രത്തിന്റെ അവയവാർത്ഥം അല്ല എന്ത് വിചാരം സൂചിതമായ അർത്ഥം അപ്പൊ വിചാരത്തെ ആരംഭിക്കുന്നു എന്ന് പറയാനും കഴിയത്തില്ല പിന്നെ ജ്ഞാനത്തെ ആരംഭിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞു ജ്ഞാനം പ്രമാണസിദ്ധമാണ് അതുകൊണ്ട് അതും ആരംഭിക്കാൻ പറ്റില്ല അതാണ് ബ്രഹ്മ ജിജ്ഞാസയാൻ അധികാരി ആരംഭിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അത ശബ്ദത്തിന് എന്തർത്ഥം പറയാൻ പാടില്ല ർത്ഥം പറയുമ്പോൾ ജിജ്ഞാസാ ത സൂത്രേ ബ്രഹ്മണശ്ച തത് പ്രജ്ഞാനശ്ച ശ ശബ്ദത പ്രധാനം പ്രതീയത ശബ്ദം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അർത്ഥം വെച്ചിട്ടല്ല ശബ്ദം വെച്ച് നോക്കിയാലും ഇവിടെ ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മ ജിജ്ഞാസ ജിജ്ഞാസെന്ന് വെച്ചാൽ ഞാതും ഇച്ഛ അപ്പൊ ഇച്ഛക്കാണ് പ്രാധാന്യം ഇച്ഛയുടെ വിശേഷണമാണ് ജ്ഞാനവും ബ്രഹ്മവും ഇച്ഛ ജിജ്ഞാസ അപ്പൊ ഇച്ഛ എന്തിനുള്ള ഇച്ഛ അറിയുന്നതിനുള്ള ഇച്ഛ എന്തിനുള്ള ഇച്ഛ ബ്രഹ്മത്തെ മുഖ്യം ഇച്ഛയായി മറ്റു അപ്രധാനമായി വിശേഷണമായി ഇവിടെ ഇപ്പൊ ശബ്ദം കൊണ്ട് പ്രാധാന്യം എന്ന് പറയുന്നത് ഇച്ഛയ്ക്കാണ് പക്ഷെ അർത്ഥം കൊണ്ട് പ്രാധാന്യം ബ്രഹ്മത്തിനാണ് കാരണം ബ്രഹ്മമാണ് ഏറ്റവും മുഖ്യം ഇവിടെ ചർച്ച ചെയ്യുന്ന കേറിച്ചാണ് ബ്രഹ്മത്തെ കുറിച്ച് പക്ഷെ ഇവിടെ അർത്ഥം കൊണ്ടുള്ള പ്രാധാന്യത്തെ പറയുന്നത് ശബ്ദം കൊണ്ടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ശബ്ദം അധശ്ദത്തെ എങ്ങനെ അന്വയിക്കണമെന്ന് ചിന്തിക്കുകയാണ് അപ്പോ ജിജ്ഞാസ അത് ിക സൂത്ര അക്കാര്യം ഈ സൂത്രത്തിൽ ബ്രഹ്മണത്തെക്കാളും അതിന്റെ ജ്ഞാനത്തെക്കാളും ശബ്ദത പ്രധാനം ശബ്ദം കൊണ്ട് പ്രധാനമാണ് അർത്ഥം കൊണ്ടല്ല അർത്ഥം കൊണ്ട് പ്രധാനം ഏതാണ് ശബ്ദം കൊണ്ട് പ്രധാനമായി പ്രതീയതെന്ന് വെച്ചാൽ അറിയപ്പെടുന്നു അപ്പൊ ഇവിടെ ഇച്ഛയ്ക്കാണ് പ്രാധാന്യം ബ്രഹ്മത്തിനും ്രഹ്മത്തിന്റെ ജ്ഞാനത്തിനുള്ള പ്രാധാന്യം അപ്പൊ ഇച്ച അഥയോടന്വയിച്ചിട്ട് ഇച്ഛ ആരംഭിക്കുന്നു പറയാൻ പറ്റില്ല അതിന് പല തടസ്സങ്ങളുണ്ട് ഒന്നെന്താണ് അധ്യായങ്ങളിൽ ഇച്ച അല്ല ആരംഭിച്ചിരിച്ച അത് തുടരണം ഇച്ച അല്ല തുടരുന്നത് വിചാരമാണ് മറ്റെന്തെന്താണ് ഇഷ്ട ഇഷ്ടസാധനത ഞാൻ അതാണ് ഇച്ചുണ്ടാക്കുന്നത് ഇച്ചുണ്ടാക്കുന്ന എന്താണ് അപ്പൊ ഇഷ്ടസാധനത ഞാനുണ്ടെങ്കിൽ ഇച്ച ഉണ്ടാവും അപ്പൊ ഇച്ച ആരംഭിക്കേണ്ട കാര്യം ഇല്ല ഇവിടെ ഒരു പൊതുവർഷം പറയു എന്നാ ചെയ്ത ദണ്ഡി പ്രൈഷാൻ അന്വാഹ ഇത്യത്ര അപ്രധാന മുമ്പ് ദണ്ഡ ശബ്ദാർത്ഥോപേക്ഷത അതിച്ചയാണ് മുഖ്യം അത് പറ്റില്ല ശരി എന്നാൽ മുഖ്യമല്ലാത്ത ആരംഭിച്ചൂടെ എന്നുള്ളതാണ് അവിടെ മുഖ്യമല്ലാത്തതിനെ ആരംഭിക്കാമല്ലോ മുഖ്യമേതാണ് ഇച്ഛ ഏതിനെ അപേക്ഷിച്ച് മുഖ്യം അപേക്ഷിച്ച് അപ്പൊ അതാരംഭിക്കാൻ പറ്റില്ല അതോടനെ അന്വയിക്കാൻ പറ്റില്ല പക്ഷെ മുഖ്യമല്ലാത്തോടെ ഉണ്ടല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ എന്താണ് ഇത് കഴിച്ചും സാങ്കേതികമായിട്ടാണ് ചർച്ചകളെ ചർച്ച ചെയ്യുന്ന ആളിന്റെ പാണ്ഡിത്യം അതാണ് പ്രധാനമായിട്ട് വരുന്നത് ബ്രഹ്മമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ മറ്റു പല പ്രാധാന്യങ്ങളുണ്ട് എന്താണ് സൂത്രേ ബ്രഹ്മണത്തെക്കാളും ബ്രഹ്മജ്ഞാനത്തെക്കാളും ശബ്ദം കൊണ്ട് പ്രധാനമുള്ളതാണ് അർത്ഥം കൊണ്ട് ബ്രഹ്മത്തിനാണ് പ്രാധാന്യമെങ്കിലും ഇപ്പോൾ ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട ആരംഭിക്കുന്നു അർത്ഥം കൊടുക്കാൻ പാടില്ല എന്നുവെച്ചാൽ യഥാ ദണ്ഡി പ്രൈഷാൻ അന്വാ പ്രധാന ദണ്ഡശബ്ദാർത്ഥോ വിവക്ഷത ഭാമതികാരനൊരു കാര്യം ചെയ്യും ഇനി വരുന്ന എല്ലായിടത്തും അതായത് ഭാഷ്യത്തെ വ്യാഖ്യാനിക്കുമ്പോ ഉദാഹരണങ്ങൾ എടുക്കുന്നത് ലൗകികമായ ഉദാഹരണങ്ങളാണ് ശങ്കരാചാര്യർ ബ്രഹ്മത്തെ ബ്രഹ്മസദ്യം ജഗന്മിഥിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ മരുമരീജിയ എടുക്കും അല്ലെങ്കിൽ രജ്ജസർപ്പത്തെടുക്കും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ലൗകിക ഉദാഹരണങ്ങളെടുത്തിട്ടാണ് പറയുന്നത് പക്ഷെ ഭാമതികാലം പറയുന്ന എന്താണിത് വേദാന്തവാക്യങ്ങളുടെ വിചാരമാണ് വാക്യങ്ങളുടെ വിചാരമാണ് അപ്പോ ആ വാക്യ വേദ അർത്ഥ ഒരു ന്യായമുണ്ട് ചില ന്യായങ്ങളനുസരിച്ചിട്ടാണ് അതായത് ഈ ഇതിനെയൊക്കെ എങ്ങനെ അന്വയിക്കണം എന്തർത്ഥം കല്പിക്കണം എന്നൊക്കെ ഉള്ളതിന് ചില ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങളെന്ന് പറയുന്നത് മീമാംസ ന്യായങ്ങളാണ് അപ്പൊ ആ ന്യായങ്ങൾക്കനുസരിച്ച് വേണം വേദ അർത്ഥത്തെ വിചാരം ചെയ്യും കേവലം ലൌകീയമായ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് എല്ലായിടത്തും വിചാരം ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഭാമതിക്ക് ഇത്രയും വലിയ പ്രാധാന്യം ബാമതി എല്ലായിടത്തും ചർച്ച ചെയ്യുമ്പോൾ എന്തോരും പൂർവമീമാംസെന്ന ഉദാഹരണങ്ങൾ കൊണ്ടുവരും ഇങ്ങനൊരു സന്ദർഭം വന്നാൽ പൂർവമീമാംസയില് എങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കുന്നത് ആ ന്യായത്തെ കൂടെ കൊണ്ടുവരും എന്തുകൊണ്ട് ഭേദവാക്യമാണ് പൂർവമീമാംസയില് വേദവാക്യങ്ങളാണ് അപ്പം പൂർവ്വമീമാംസ ഒരു വേദവാക്യങ്ങളെ വിചാരം ചെയ്യുന്നതിന് ചില നിയമങ്ങളിൽ ന്യായങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അമദികാരം പറയുന്നത് ഇവിടെ ഉപനിഷത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ലൌകികമായ ഉദാഹരണങ്ങളിലൂടെ വ്യാഖ്യാനിച്ച പോലെ പിന്നെ എന്തുവേണം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായങ്ങളെ മീമാംസാ ന്യായങ്ങളെ കൊണ്ടുവന്നു അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മീമാംസയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയം വന്നാൽ എങ്ങനെയാണ് അവിടെ അന്വേഷിച്ചർത്ഥം പറയുന്നതെന്ന് അതിനാണ് ഇവിടെ പറയുന്നത് ദണ്ഡി പ്രൈഷാൻ അന്വാഹ എന്ന് പറയുന്ന ഒരു വാക്യത്തെ കൊണ്ടുവന്നു ഈ വാക്യത്തെ കൊണ്ടുവരുന്നത് എന്താണോ ഇത് ഇവിടെ അപ്രധാനത്തെ വിവക്ഷിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്രധാനത്തെ വിഷിക്കുന്നു അപ്പോ ഇവിടെ ഈ സൂത്രത്തിൽ പ്രധാനം ഇച്ഛയാണ് അപ്രധാനമാണ് എന്ത് അപ്രധാനം എന്താണ് ബ്രഹ്മവും വിചാരവും അപ്പോ അധശ്ദത്തിന്റെ അർത്ഥം ആരംഭം നടക്കുന്നു ടുത്തുകഴിഞ്ഞാൽ പ്രധാനത്തോട് അന്വേഷിക്കണം അപ്പൊ ഇച്ഛയോട് അന്വേഷിക്കണം അപ്പൊ ഇച്ഛ ആരംഭിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യാം അപ്രധാനത്തോട് അന്വേഷിച്ചിട്ട് വിചാരം ആരംഭിക്കുന്നു വിചാരം ആരംഭിക്കുന്നു അങ്ങനെ എടുത്തെന്തോ പൂർവോക്ഷി ചോദിക്കുന്നത് അതിനുവേണ്ടി പൂർവോക്ഷി പറയുന്നു വേദത്തിൽ പൂർവം ചെയ്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു അപ്രധാനത്തോട് അന്വേഷിക്കാറുണ്ട് അപ്രധാനത്തോട് അന്വയിക്കാറുണ്ട് അപ്പൊ ഇവിടെ അധ ആരംഭിക്കുന്നുണ്ട് അപ്രധാനമായ ബ്രഹ്മവിചാരം ഇവിടെ അപ്രധാനമാണ് ബ്രഹ്മവിചാരം ഇവിടെ പ്രധാന പ്രാധാന്യത്തിലാണ് ഇച്ചക്കാണ് ഇവിടെ പ്രധാനം ഇച്ചയ്ക്ക് ഇച്ച ആരംഭിക്കാൻ പറ്റില്ല എന്നാ വിചാരമാണെങ്കിലോ അപ്പൊ അങ്ങനെ അന്വയിക്കുക അന്വേഷിച്ചിട്ടർത്ഥം പറയുക അധ വിചാര വിചാരം ആരംഭിക്കുന്നു പക്ഷെ വിചാരത്തോട് അന്വയിക്കുന്നതിന് ഒരു തടസ്സോടുകൂടെയുള്ള എന്താണ് ഇതാണ് തടസ്സം പ്രധാനം അല്ല അത് അപ്രധാനമാണ് അപ്രധാനത്തോട് അധശ്ദങ്ങനെ അന്വയിക്കും അതിനാണ് പറയുന്നത് എന്താണ് അന്വാഹ എന്ന് പറയുന്നിടത്ത് ഇവിടെ രണ്ട് കർമ്മങ്ങളുണ്ടോ പ്രേക്ഷ മറ്റൊന്ന് അനുവചനം അന്വാഹ എന്ന് വെച്ചാൽ അനുവചനം പ്രേക്ഷ മന്ത്രങ്ങൾ ഉച്ചരത്തിൽ ഉച്ചരിക്കുന്നാണ് എന്താണ് അന്വാഹ അനുവചനം എന്ന് മന്ത്രം ഉച്ചരിക്കുന്ന ഇതൊരു വികൃതി യാഗത്തിലാണ് വെച്ചാൽ ഒരു പ്രകൃതിയുടെ വികൃതി മുഖ്യയാഗത്തിന്റെ ദുർഗതിയായി വരുന്ന ആ യാഗത്തിൽ മൈത്രാവരണം എന്ന് പറയുന്ന ആ അധ്വരിയുമാണ് ഇത് രണ്ടും ചെയ്യേണ്ടത് ഏത് പ്രേക്ഷ ഉച്ചരിക്കേണ്ടതും അനുവചനം എന്ന് പറയുന്ന അത് ചെയ്യേണ്ടതും രണ്ടും മന്ത്രോച്ചാരണം ചെയ്യേണ്ടവരാണ് മൈത്രാവരണം എന്ന് പറയുന്ന നിവൃത്തി ഇവിടെ എന്ത് അവിടെ ദഗ്രഹണം എന്ന് പറയുന്നത് ഇവിടെ വളരെ അപ്രധാനമാണ് ഇവിടെ മീമാംസയില് പറഞ്ഞിട്ടുണ്ടോ അവിടെ ദണ്ഡഗ്രഹണം അപ്രധാനമായ ഒരു കാര്യമാണ് അതിനോടാണ് ഇതെന്നെ രണ്ടിനെ അന്വേഷിക്കുന്നത് ഇതിനെ പ്രേഷ ഉച്ചാരണത്തെയും അനുവചനത്തെയും അപ്പൊ വേദത്തിന് എന്തെങ്കിലും ദണ്ഡഗ്രഹണമെന്ന് പറയുന്ന അപ്രധാനത്തോടുകൂടി പ്രേഷ ഉച്ചാരണത്തെയും അനുവചനത്തെയും അന്വയിച്ചിരിക്കുന്നു ഒരു ഉദാഹരണം കണ്ടെത്തിയാണ് മീമാംസയും എന്നുവെച്ചാൽ അപ്രധാനത്തോടും അന്വയിക്കാം മനസിലായ അപ്രധാനത്തോടും അന്വയിക്കാം അതെങ്ങനെ അന്വയിക്കാന്ന് പറഞ്ഞാൽ എവിടെയൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ പറയുന്നു ദേക്ഷഅ അന്വേഷുന്നത് പ്രകൃതിയാഗത്തിൽ മൈത്രാഭരണൻ ദഗ്രഹണത്തോടെ എന്താ ദണ്ഡഗ്രഹണത്തോട് അന്വയിക്കാന്ന് പറയുന്നത് എന്താണ് ദണ്ഡഗ്രഹണം എന്ന് പറയുന്ന ആ ചടങ്ങിലാണ് എന്ത് ചെയ്യേണ്ടത് പ്രേക്ഷിച്ചിരിക്കേണ്ടതും അനുവചനം പറയേണ്ടതും ഇവിടെ ദണ്ഡഗ്രഹണത്തിൽ ഈ ദണ്ഡഗ്രഹണം എന്ന് പറയുന്നത് അവിടെ അപ്രധാനമാണ് അതാ കർമ്മത്തെ സംബന്ധിച്ച കാര്യമാണ് പ്രധാനമായൊന്നല്ല അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു അപ്രധാനത്തോട് അന്വയിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്രധാനമായ വിചാരത്തോട് അന്വയിക്കാം അതും ഇതുമായിട്ട് എന്താ ബന്ധം കാരണം അതും അർത്ഥ വിചാരമാണ് ഇതും എന്താണ് വേദാർത്ഥ വിചാരമാണ് അപ്പൊ ഇവിടെ ബ്രഹ്മജിജ്ഞാസയില അധശബ്ദം എങ്ങനെ എവിടെ അന്വയിക്കണമെന്നുള്ളത് എങ്ങനെ തീരുമാനിക്കുമെന്നുള്ളതാണ് അത് പൂർവമീമാംസയുടെ ന്യായമനുസരിച്ച് ണം പൂർവ്വീമാംസ എന്ത് ചെയ്തിരിക്കുന്നു അപ്രധാനത്തോടെ അന്വയിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം അപ്രധാനത്തോടെ അന്വേഷിക്കണം അപ്പൊ അതാ വിചാരം വിചാരം ആരംഭിക്കുന്ന സൂത്രത്തിനർത്ഥം വരും അപ്പൊ ഇവിടെ ഇതാണ് മീമാംസന്യായം എന്ന് പറയുന്നത് മീമാംസ ന്യായങ്ങളുമായി തെറ്റാൻ പാടില്ല അപ്പോ ഈ സൂത്രങ്ങളുടെയും മറ്റും അർത്ഥം എടുക്കുമ്പോ അല്ലെങ്കിൽ ഉപനിഷത്ത് വ്യാഖ്യാനിക്കുമ്പോ അവിടെയൊക്കെ എന്തുവേണം അത് പൂർവമീമാംസയുടെ സിദ്ധാന്തമല്ല പക്ഷെ അർത്ഥത്തെ നിർണ്ണയിക്കുന്നിടത്ത് പൂർവമീമാംസയുടെ ന്യായങ്ങളെ സ്വീകരിക്കണം ഇതാണ് ഭവമതികാല പ്രതി എല്ലായിടത്തും വരുന്നുബോട്ട് പല ഭാഗങ്ങളിലും വരുന്നു അതുകൊണ്ട് വികൃതിയാഗം എന്ന് പറയുന്നത് ഒരു പ്രകൃതിയാഗൊരു ഇഷ്ടിയാണ് അവിടെ പ്രൈഷ പ്രേക്ഷ കർമ്മത്തിന് അധുരിയാണ് പിന്നെ അനുവചനം ചെയ്യുന്നത് ഹോതാവാണ് രണ്ടുപേരാണ് പക്ഷെ വികൃതിയിൽ അതേ യാഗത്തിന്റെ വികൃതിയിൽ വരുമ്പോ അതും ഇതിനെ വരും എത്ര സമഗ്ര അംഗോപദേശ സപ്രകൃതി എന്നൊക്കെ വരും പ്രകൃതി വികൃതിയുടെ നിയമങ്ങളൊക്കെ വരും അതിവിടെ ആവശ്യമുള്ള കാര്യമുണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മൈത്രാവരണനാണ് ഉച്ചരിക്കേണ്ടത് പക്ഷെ മൈത്രാവരണൻ എപ്പോ ഉച്ചരിക്കുന്നു ഒരു ദണ്ഡഗ്രഹണം എന്ന് പറയുന്ന ഒരു കർമ്മത്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്രധാനത്തോടുകൂടി ഇവിടെ അന്വയിക്കുന്നു ഇത്രയും മനസ്സിലാക്കുക അപ്പോ ഇവിടെ ഇച്ഛയ്ക്കെല്ലാം പ്രാധാന്യം മനസ്സിലായ പൂർവ്വക്ഷി പറയുന്നത് ഇച്ഛയ്ക്കെല്ലാം പ്രാധാന്യം എന്ന് പറയുന്നു ച്ചാ യഥാ ദണ്ഡി പ്രൈഷാൻ കാരണം നേരത്തെ പറഞ്ഞു ജിജ്ഞാസ ഇച്ചയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു ഇച്ഛക്കല്ല പ്രാധാന്യം പിന്നെ ഇവിടെ ഏതിനാണ് യഥാ ദണ്ഡി പ്രൈഷാൻ അന്വേഷിച്ച അപ്രധാനമവി ദ ശബ്ദാർത്ഥവും ദ ശശബ്ദാർത്ഥത്തെടുത്തിട്ടാണ് ദണ്ഡഗ്രഹണത്തോട് അന്വയിക്കുന്നത് വിവക്ഷ്യത വിഹാവി ്രഹ്മജ്ഞാനി അപ്പോ ഇവിടെ എന്താണ് ഇച്ഛയ്ക്കല്ല പ്രാധാന്യം ബ്രഹ്മത്തിനും ബ്രഹ്മജിജ്ഞാസ ഒന്നല്ല അപ്പോ ബ്രഹ്മത്തിനും ജ്ഞാനത്തിനും വരും ബ്രഹ്മത്തിനും ജ്ഞാനത്തിനും വരുമ്പോൾ അതിനുവേണ്ടിയുള്ള വിചാരണ എന്നുള്ള അർത്ഥം വരും ബ്രഹ്മവും ജ്ഞാനവുമാണ് ഇവിടെ മുഖ്യം അപ്പോ ഇവിടെ മുഖ്യം ഇച്ഛയല്ല എന്ന് പറയുമ്പോൾ അവിടെ പറയണ അങ്ങനെയല്ല ബ്രഹ്മമീമാംസാശാസ്ത്ര പ്രവൃത്തി അംഗ സംശയ പ്രയോജന സൂചനാ ജിജ്ഞാസായു പറയുന്നത് സംശയത്തെയും പ്രയോജനത്തെയും സൂചിപ്പിക്കുന്നതാണ് നേരത്തെ പറഞ്ഞു ജിജ്ഞാസ സംശയത്തെയും പ്രയോജനത്തെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ആളുകളാണ് ജിജ്ഞാസ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇച്ഛയ്ക്കാണ് പ്രാധാന്യം അല്ല ബ്രഹ്മത്തിനും ജ്ഞാനത്തിനും അർത്ഥം കൊണ്ട് ബ്രഹ്മത്തിനും ജ്ഞാനത്തിനും പ്രധാനം ഉണ്ടെങ്കിൽ ശബ്ദം കൊണ്ട് ബ്രഹ്മത്തിനും ജ്ഞാനത്തിനുമല്ല പ്രധാനം അതുകൊണ്ട് എന്താണ് ജ്ഞാനം ആരംഭിക്കുന്നു വിചാരം ആരംഭിക്കുന്നു ഇച്ഛ ആരംഭിക്കുന്നു അങ്ങനെ ഒന്നും എടുക്കാൻ കഴിയത്തില്ല ഇവിടെ പ്രധാനമായിരുന്ന ബ്രഹ്മവും ജ്ഞാനവുമാണ് എന്ന് പറയാൻ പറ്റിയില്ല പിന്നെന്താണ് ഇവിടെ എന്തുപറയുന്നു ബ്രഹ്മമീമാംസാശാസ്ത്രം ബ്രഹ്മവിചാരശാസ്ത്രത്തിന് ശാസ്ത്രപ്രവൃത്തി ബ്രഹ്മവിചാര ശാസ്ത്രത്തിലുള്ള പ്രവൃത്തി അതിനമായിരിക്കുന്ന നേരത്തെ പറഞ്ഞ കാര്യമാണ് ബ്രഹ്മവിചാര അതാണ് ഇനി വരാൻ പോകുന്ന ശാസ്ത്രം എന്ത് ശാസ്ത്രം അതിൽ പ്രവർത്തിക്കുന്ന വെച്ചാൽ അതിന്റെ ശ്രവണ മനനങ്ങളെല്ലാം ചെയ്യണം ആണ് അതിന്റെ പ്രവൃത്തി അതിന് അംഗമായിരിക്കുന്നതാണ് എന്ത് സംശയം പ്രയോജനം കാരണം ഈ ശാസ്ത്രത്തിലേക്ക് ഒരാള് പ്രവേശിക്കണമെങ്കിൽ വിചാരം ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം സംശയം ഉണ്ടാവണം പിന്നെ ഈ ശാസ്ത്രം വിചാരം ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം സംശയവും പ്രയോജനവും അതിനെ സൂചിപ്പിക്കുന്നതാണെന്ത് ജിജ്ഞാസ എന്ന് പറയുന്ന പദം അത് നേരത്തെ പറഞ്ഞു സൂചന സൂത്രം വ്യത്യാസം ജിജ്ഞാസയാണ് പ്രധാനമായി വേക്ഷിച്ചിരിക്കുന്നത് ജിജ്ഞാസ പ്രധാനമായും വിഷിച്ചിരിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് ഇച്ഛക്കാണ് ഇവിടെ പ്രാധാന്യം പ്രാധാന്യം അപ്പൊ ഇച്ഛ ആരംഭിക്കാൻ കഴിയത്തില്ല അതാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ആ ശബ്ദത്തിന് ആരംഭിക്കുക എന്നുള്ള അർത്ഥം എടുക്കാൻ പാടില്ല പിന്നെ എന്താർത്ഥം എടുക്കണം അനന്തരം ദ്ദേഹം പറഞ്ഞു അത് ശബ്ദത്തിന്റെ അർത്ഥം അനന്തരമാണ് പക്ഷെ എന്തുകൊണ്ട് ആരംഭിക്കുക അർത്ഥം എടുക്കാൻ പാടില്ല ഈ പറയുന്നത് മീമാംസാ ശാസ്ത്രത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ശ്രവണ അതിന്റെ അംഗമാണെന്ന് സംശയവും പ്രയോജനം കാരണം സംശയവും ഉള്ളയാളെ ഇതില് ശ്രവണ തയ്യാറാവൂ പിന്നെ പ്രയോജനം ഉണ്ടെങ്കിലേ ഒരാൾ തയ്യാറാവൂ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഏത് പദം ജിജ്ഞാസ അതുകൊണ്ട് ജിജ്ഞാസയാണ് ഇവിടെ പ്രധാനമായും വിവക്ഷിച്ചിരിക്കുന്നത് ജിജ്ഞാസയുടെ അർത്ഥം എന്താണ് ഇച്ഛ ഇച്ഛ എന്ന് ആരംഭിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെന്താണ് ഇവിടെ പറയുന്നത് അധശബ്ദത്തിന്റെ അർത്ഥം അനന്തരം അതാണ് ഈ പറയുന്നതിന് ചുരുക്കം ഇപ്പൊ പറയുന്ന സിദ്ധാന്തം ഈ പറഞ്ഞ ഈ സെന്റൻസോടെ മുതൽ യുക്തം കഴിഞ്ഞ തിരുയുക്തം വരെ പൂർവക്ഷം സിദ്ധാന്തം ബ്രഹ്മമീമാംസാണ് സിദ്ധാന്തം ബ്രഹ്മമീമാംസാ ശാസ്ത്രത്തിലുള്ള പ്രവൃത്തിക്ക് അംഗമായിരിക്കുന്ന സംശയവും പ്രയോജനം അതിനെ സൂചിപ്പിക്കുന്നതാണെന്ത് ജിജ്ഞാസ അതാണ് ഇവിടെ പ്രധാനമായി ഉപേക്ഷിച്ചിരിക്കുന്നത് ഇച്ഛയാണ് അതുകൊണ്ട് ഇച്ഛ ആരംഭിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇച്ഛയെ അധശബ്ദത്തോട് പറ്റത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ അതിന്റെ ദോഷങ്ങളൊക്കെ അടുത്തു പറയും